കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ആർക്കും സംശയമില്ലല്ലോ ഉണ്ടോ അങ്ങനെ യഥാർത്ഥ ജ്ഞാന സ്ഥലത്ത് അസംസർഗ്ഗാഗ്രഹം ഓക്കെ പിന്നെ വേറെ എന്താ സംശയം അത് പറയാം വേറെ സംശയമുണ്ടോ യഥാർത്ഥ സംഭവിക്കുന്നതും സംസർഗ ആഗ്രഹത്തിന്റെ കാര്യത്തിൽ ഓക്കെ വിശദീകരിക്കുക ഇനി സംശയമുണ്ടോ ശരി അത് പറഞ്ഞില്ലല്ലോ ഇതം രജതം അതാണ് പറഞ്ഞത് ഇന്നലെ ഞാൻ പറഞ്ഞ അനുസരിച്ചൊരു ന്യായമായ സംശയം വരേണ്ടതാണ് അത് മനസ്സിലായിരുന്നെങ്കിലും സംസർഗമില്ല അതുകൊണ്ട് അസംസർഗ അഗ്രഹം ഇവിടെ ഇതംപ്രയോഗം എന്നുള്ളത് സംസർഗമില്ല അസംസർഗം അതിനഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അസംസർഗ ആഗ്രഹം ആ അത് ആണ് ഞാൻ ഉദ്ദേശിച്ച സംശയം ാക്കി ഞാൻ അവിടെ അങ്ങ് നിർത്തിയതാ ആരെങ്കിലും ചിന്തിക്കുമോ എന്നറിയട്ടെ അവിടെ സംശയം വന്നെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം സംശയം വരത്തക്ക രീതിയിലാണ് ഞാൻ നിർത്തിയോ ചിന്തിക്കുമോ എന്നു പറഞ്ഞിട്ടറിഞ്ഞു അസംസർഗ സത്യരജത സ്ഥലത്ത് രജതവും ശുദ്ധിയും തമ്മിൽ സംസർഗമുണ്ട് അതുകൊണ്ട് അവിടെ അസംസർഗത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല പറ്റുമോ സംസർഗം ഉള്ളിടത്ത് ആരെങ്കിലും അസംസർഗത്തെ ഗ്രഹിക്കോ അപ്പം അവിടെ അസംസർഗ ആഗ്രഹമുണ്ട് അതിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തും ഉണ്ട് ഇതം രജതം എന്ന് പറയുന്ന ബ്രഹ്മസ്ഥലത്ത് സംസർഗമേയില്ലേ അപ്പവിടെ അസംസർഗമാണ് അതിനെ ഗ്രഹിക്കുന്നുണ്ടോ ഹിക്കുന്നില്ല കാരണം നമ്മൾ താതാത്മ്യമായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇതം രജതം അത് രണ്ടിലും തമ്മിൽ ബന്ധമില്ലെന്ന് ഗ്രഹിക്കുന്നില്ല ഇതം രജതം എന്ന് പറയുമ്പോൾ അഭേദമായി ഗ്രഹിക്കുന്നു അപ്പൊ അവിടെ അസംസർഗമാണ് രണ്ടും തമ്മിൽ ഒരു ബന്ധവും പ്രത്യക്ഷവും മറ്റൊന്ന് സ്മൃതിയുമാണ് എന്ന് പറഞ്ഞാൽ അവിടെ സംസർഗമില്ല പക്ഷെ അസംസർഗമുണ്ട് അതിനെ ഗ്രഹിക്കുന്നില്ല ഗ്രഹിച്ചു കഴിഞ്ഞാൽ രണ്ടിനും വേറെ വേറെ അറിയും എന്താണ് ഇതുവേരെ വേറെ ഇപ്പൊ യഥാർത്ഥ സ്ഥലത്ത് എങ്ങനെയാണോ അസംസർഗ ആഗ്രഹമുള്ളത് അതിന് സദൃശമായി ഇവിടെയും വന്നിട്ട് അസംസർഗ ആഗ്രഹം അതുകൊണ്ട് എന്ത് വരുന്നു മ്യ വ്യപദേശം വരുന്നത് ഇങ്ങനെ ഇതം രജതം ഇത് തന്നെ രജതം അങ്ങനെ സത്യസ്ഥലത്ത് എന്തുകൊണ്ട് ഇതം രചതം എന്നുണ്ടാകുന്ന ബോധം അവിടെ അസംസർഗാഗ്രഹമുണ്ട് കാരണം രണ്ടും തമ്മിലുള്ള ഭേദം അവിടെ ഗ്രഹിക്കുന്നില്ല അവിടെ അഭേദമായിട്ടാണ് ഗ്രഹിക്കുന്നത് അതുപോലെ ഇവിടെയും വന്ന അസംസർഗാഗ്രഹം പക്ഷേ അസംസർഗാഗ്രഹം എന്ന് പറയുന്നിടത്ത് അർത്ഥത്തിൽ വ്യത്യാസം ഇവിടെ പറയുന്ന അസംസർഗ ആഗ്രഹത്തിന് സാദൃശ്യമുണ്ടെന്നാണ് അവിടെ ഉള്ളതുപോലെ തന്നെ എന്തുവന്നു അസംസർഗ ആഗ്രഹം ഇവിടെയും വന്ന അതുകൊണ്ട് ഇതം രചിതം എന്നുള്ള സമാനാധിക ഉപദേശം താതാത്മ്യ ഉപദേശം അഭേദ വ്യവഹാരം എല്ലാം സംഭവിക്കുന്നു ഈ അഭേദ എന്ന് പറയുന്നത് വ്യവഹാരം എന്ന് പറഞ്ഞാൽ തന്നെ ഏതിനേക്കെടുക്കാം അഭിജ്ഞ അഭിത അർത്ഥക്രിയക്കാരി മൂന്നിനെ എടുക്കാം ഇവിടെ ഇപ്പം ജ്ഞാനത്തെ അവിടെയാണ് ഞാൻ നിർത്തിയത് കഴിഞ്ഞ ദിവസം ഇതം പ്രേതം എന്നുള്ള ജ്ഞാനത്തെ എടുത്തു കഴിഞ്ഞാൽ ജ്ഞാന വിഷയത്വം എവിടേക്ക് വരും ശുക്തിയിൽ വരും രചതത്തി വരും എന്റെ സംസർഗത്തി വരുമോ എന്തുകൊണ്ട് അതുകൊണ്ടല്ല ഇതം രചതമെന്ന് നമ്മൾ അഭേദമായി ഗ്രഹിക്കുന്നു അറിയുന്നു എന്ന് വെച്ചാൽ ഇത് വേറെ രചതം വേറെ അങ്ങനെയല്ല അത് പ്രത്യക്ഷവും സ്മൃതിമാണെങ്കിലും നമ്മൾ അനുഭവിക്കുമ്പോൾ ഇത് പ്രത്യക്ഷമാണിത് സ്മൃതി എന്ന് അഭേദമായി ഗ്രഹിക്കുന്നു ആണ് ചോദിക്കുന്നത് അതിൻ്റെ സംസർഗം ജ്ഞാനത്തിന് വിഷയമാകുമോ എന്തുകൊണ്ട് സംസർഗമില്ല അവിടെ അസംസർഗമാണ് രണ്ടും തമ്മിൽ അമ്മ സംസർഗം വിഷയത്തിൽ അതിന് വിഷയമാവും ഇല്ല ഞാനെന്തെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചാർ ഇങ്ങനെ ചിന്തിക്കുമെന്നറിയണം അപ്പോ ലക്ഷണം എന്താണോ ഞാനവിഷയത്വം ശുദ്ധിരജത സംസർഗത്തിൽ ഞാൻ അഭിഷയത്വം വന്നാ ഇനി വ്യവഹാരം അഭേദ വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം ശബ്ദപ്രയോഗമുണ്ട് എന്നെ പ്രവൃത്തിയുണ്ട് ഇനി പ്രവൃത്തിയുടെ കാര്യം നോക്കുക ഇതം രജതം എന്ന് പറയുന്നിടത്ത് രജതം സ്മൃതിയാണെങ്കിലും ഇപ്പം നമ്മുടെ മനസ്സിൽ മുമ്പ് ആനയെ കണ്ട് ഇപ്പം സ്മരിക്കുന്നു ആ സ്മരണയുടെ വിഷയം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ മതിയോ നേരത്തെ കണ്ട തന്നെ ആയിരിക്കും അല്ലേ സ്മരിക്കുകയാണെങ്കിൽ ഇപ്പം ആനയെ കാണുകയാണെങ്കിൽ സ്മരിക്കുകയാണെങ്കിൽ കാണുന്നാനേ അല്ല പിന്നെയോ കണ്ട തന്നെ ആയിരിക്കും അതാണ് സ്മൃതിയുടെ പ്രത്യേകത സ്മൃതിയുടെ വിഷയം എപ്പോഴും ഭൂതകാലത്തിലുള്ളതായിരിക്കും അതുകൊണ്ടാണ് അതിനെ സ്മൃതി എന്ന് പറയുന്നത് ശരി ഇവിടെ ആ രജത സ്മൃതിയുടെ വിഷയം ഭൂതകാലത്തിലുള്ളതാണെങ്കിൽ രജതം കണ്ടിട്ട് ആരെങ്കിലും കുഞ്ഞിയോ അതെടുക്കാൻ വേണ്ടി അത് സംഭവിക്കുന്നില്ലല്ലോ ഉണ്ടോ ആരെങ്കിലും വിധം രചതം എന്ന് ബ്രഹ്മം ഉണ്ടായിട്ട് അത് രജതസ്മൃതിയാണെങ്കിൽ അയാൾ ഓർക്കുന്ന പഴയ രജതത്തെ ആയിരിക്കും ഇങ്ങോട്ട് കുനിയും അതെടുക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ സമുഖമായ വിഷയത്തിൽ പ്രവൃത്തിയുണ്ട് പ്രവൃത്തിയുണ്ടല്ലോ ശരി ുമ്പ കാണുന്ന ആ രജതത്തിന് ഇതവുമായിട്ടൊരു ബന്ധമേയില്ല ഒരു ബന്ധവുമില്ല എന്നിരിക്കട്ടെ ഇതവും രജതമായിട്ടൊരു ബന്ധവുമില്ല ഇതാ ഇത് രജതം എന്നും പറഞ്ഞ് മുമ്പോട്ട് കുനിയോ എടുക്കാൻ വേണ്ടി ഏ കുനിയല്ല കാരണം രജതം എന്നൊരു ഞാൻ മാത്രം ഉള്ളിലാണ് അപ്പൊ മുമ്പോട്ട് കുനിയാൻ പറ്റില്ല ഇതം രജതം എന്ന് ഞാനുണ്ടായതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് മുമ്പിലോട്ട് കുനിയും അപ്പോൾ അവിടെ ഒരു ബന്ധമുണ്ട് ഇതേ അപ്പൊ രജതമായിട്ട് അവിടെ ഇതന്തയ ഒരു ബന്ധമാണ് ഇതം അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഒരു ഇതന്താ ബന്ധമുണ്ട് രജത്തിന് പക്ഷെ അത് എന്തിനാ പ്രവർത്തിക്കും വിഷയമാണ് കാരണം പ്രവൃത്തിയുടെ വിഷയമാണ് എന്ന് പറയുന്നത് അവിടുത്തെ ഇത് അതിലേക്ക് കുനിയുന്നുണ്ട് പ്രവർത്തിക്കും വിഷയം ഉണ്ടെന്നല്ലേ പറഞ്ഞു അപ്പോൾ മുന്നിലേക്ക് കുഴി കുനിയുന്നുണ്ട് എന്ത് വന്നു വ്യവഹാര വിഷയത്തും നിങ്ങൾ എന്തെടുക്കാനാ കുനിഞ്ഞ ഇതെടുക്കാൻ അപ്പോൾ വ്യവഹാരത്തിൻ്റെ വിഷയത്തും വന്നോ അപ്പോ അത് കേവല രജതത്തിലോ കേവലം ഇതിലോ അല്ല വിനയോ ഇതം രജത്തിലാണ് അപ്പൊ അവിടെ ഒരു സംസർഗമുണ്ട് പക്ഷെ അത് കേവലം വ്യവഹാര വിഷയത്വേന അതേസമയം ഇതും രഹിതമായിട്ടുള്ള സംബന്ധത്തെ അറിയുന്നുണ്ടല്ല അറിയുന്നില്ല പക്ഷെ വ്യവഹാര വിഷയമായിട്ടൊരു സംബന്ധിച്ച അതിനോട് പറയുന്ന എന്താണ് വ്യവഹാര വിഷയത്വം അസവാന അഭിഷയത്വം രണ്ടും കൂടെ വരുന്നു വ്യവഹാരം നടക്കുന്നതുകൊണ്ട് ബ്രഹ്മസ്ഥലത്ത് വ്യവഹാര വിഷയത്വമുണ്ട് എന്നാൽ ഇവിടുത്തെ ഹിതവും രൂപ തമ്മിൽ ഒരു സംബന്ധമേയില്ല അതുകൊണ്ട് ഞാന അഭിഷയത്വമെന്ന് ലക്ഷണമോടെ പോയി അതാണ് ഇവിടെ അനുഭവം അങ്ങനെയാണ് അതല്ലേ പറയുന്നത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാലും എടുക്കാൻ കുനിയുന്നു രണ്ടും അംഗീകരിച്ചല്ലേ പറ്റൂടെ ഏഹ് എന്ത് സംബന്ധം അത് തന്നെ എന്താ സംബന്ധം രണ്ട് വസ്തുക്കൾ തമ്മില് താതാത്മ്യ സംബന്ധം ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യമായി ആടുജ്ഞാനത്തിലായാലും താതാത്മ്യമായ ഒരു സംബന്ധം അവിടെ ഉണ്ടെങ്കിൽ ഇതം രേതെന്ന് പറഞ്ഞാൽ സത്യസ്ഥലവും ഇതുമായിട്ട് എന്താ വ്യത്യാസം അവിടെ താതാത്മ്യമാണ് ഉണ്ടെന്ന് വെച്ചോട്ടെ ഇപ്പം രണ്ടും തമ്മിലെന്താ വ്യത്യാസം സത്യസ്ഥലത്തിനെങ്കിൽ പറയാം എന്താണ് ഇതവും ഇതും തമ്മിൽ ഒരു സംബന്ധമുണ്ട് അതിന് അദ്വൈതി പറയും അനിർവചനീയ താതാത്മ്യം എന്ന് പറയും അദ്വൈതിക്ക് ഉത്തരം കിട്ടുന്നിടത്തെല്ലാം പറയുന്നതാണ് എന്ത് അനുവചനീയം കൂടെ അങ്ങി ചേർക്കും പിന്നെ അത് അനർവചനീയം എന്ന് പറയാൻ പിന്നെ കൂടുതലും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അദ്വൈതിയുടെ കാര്യം പോട്ടെ ഗുരുവിനെ സംബന്ധിച്ച് രണ്ട് സാധനമാണ് ഇതം വേറെ രീതിമേരെ അതെന്തുകൊണ്ട് രണ്ടെന്ന് പറയുന്നു തൊട്ടടുത്ത് പറയുന്ന നേതം ഒരു ദൈദ്യരഹിതമല്ലെന്നാണ് പറയുന്നത് അപ്പം രണ്ടും രണ്ടാണെന്നുള്ള വിവേകം ഞാനും ഉണ്ടല്ലോ സത്യമാണല്ലോ വിവേക സത്യമല്ലേ അതിനവിടെ എവിടെയാണ് സംബന്ധം എന്നാൽ വ്യവഹാരം നടക്കുന്നുണ്ട് അത് വേറെ ഒന്നാണ് പ്രവൃത്തി എന്ന് പറയുന്നത് വേറെ ഒന്നാണ് കുനിയുക ചാടുക ഓടുക സർപ്പം കൊണ്ട് ഓടുക ഇതൊക്കെ പ്രവൃത്തി വേറെയാണ് അതും അതിനും വിഷയമുണ്ട് അതിനും വിഷയമുള്ളതുകൊണ്ടാണ് വിഷയം അംഗീകരിച്ചു പറ്റുന്നത് കൊണ്ട് അള്ളതോ ഇല്ലാത്തതോ എന്തോ ആയിക്കോളട്ടെ കുനിയുന്നുണ്ടോ കൈ കൊണ്ടെടുക്കുന്നുണ്ടോ അപ്പോൾ അതിന് വിഷയമുണ്ട് പ്രവൃത്തിക്ക് വിഷയമുണ്ട് ആ വിഷയമെന്ന് പറയുന്നത് എന്താണോ രണ്ടിനെയും കൂടെ ആശ്രയിച്ചായിരിക്കുന്നു രണ്ട് സ്വതന്ത്രമായിരുന്നാലും പോരാ ഇത് വേറെ രഹിതം വേറെ അത് പോരാ രണ്ടും ഒന്നാണോ ഒന്നാ ചേരുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംബന്ധമുണ്ട് പക്ഷെ ജ്ഞാനത്തിന് വിഷയമല്ല വ്യവഹാരത്തിന് വിഷയമാണോ രണ്ടു കൊണ്ടാ ചേരുക ഏ ഞാനുണ്ടല്ലോ ഞാന താതാത്മ്യം അംഗീകരിക്കുന്നുണ്ട് പക്ഷേ സംസർഗം ഇല്ലെന്നേ ഉള്ളു അവിടെ സംസർഗം ഇല്ലാതെ ഉണ്ടാകാം അത് വേണമെന്നില്ല എന്താ അനുഭവം അതനുസരിച്ചല്ലേ തീരുമാനിക്കുന്നു ഒരു സ്മൃതിയും പ്രത്യക്ഷവും തമ്മിൽ എന്ത് ഇത് രണ്ടു കാര്യങ്ങളുണ്ട് ഇവിടെ ജ്ഞാനത്തിനും വിഷയത്തിനും ബാധകമാണ് ഇതം രചിതം എന്ന് പറയുന്നിടത്ത് രണ്ട് ജ്ഞാനവും രണ്ട് വിഷയവുമുണ്ട് മനസ്സിലായോ രണ്ട് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതമെന്ന് പറയുന്ന പ്രത്യക്ഷ ജ്ഞാനം രചതം എന്ന് പറയുന്ന സ്മൃതി അത് രണ്ട് ജ്ഞാനം വിഷയം എന്ന് പറയുന്ന ഇതം എന്ന് പറയുന്ന മുമ്പിൽ കിടക്കുന്ന ശക്തി രചിതം എന്ന് പറയുന്ന പണ്ട് കണ്ട രജതം മനസ്സിലായോ രണ്ടാണ് അപ്പോ ജ്ഞാനമുണ്ടായി ജ്ഞാനത്തിൻ്റെ കാര്യം പറഞ്ഞു നമ്മളുടെ പ്രവൃത്തി അവിടെ ജ്ഞാനത്തിലാണോ വിഷയത്തിലാണോ വിഷയത്തിലാണോ അവിടെ ഇവിടെ മുമ്പിലിരിക്കുന്ന ഈ ഇത് എന്ന് പറയുന്ന വസ്തു അവിടെ പണ്ടെന്നോ കണ്ട രീതോ മുമ്പിൽ വല്ല സംബന്ധമുണ്ടോ ഇല്ലല്ലോ ഒരു സംബന്ധമില്ലെങ്കിലും പ്രവർത്തിക്കാത്ത വിഷയമാകുന്നു ഇതം രചിത്വം പ്രവൃത്തിക്ക് മുമ്പിൽ പ്രവൃത്തിയൊന്നും വിഷയമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയമായിട്ട് ഇത് രണ്ടിനെയും അതോടൊപ്പം ഒരു സംബന്ധത്തെ സ്വീകരിച്ചേ പറ്റും അല്ല പറയുകയാണെങ്കിൽ രണ്ടും തമ്മിൽ ഒരു സംബന്ധമില്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടാകത്തില്ല പണ്ട് കണ്ട രേതത്തിന് എടുക്കാൻ പോകുകയെങ്കിലും അതിനാ എടുക്കാൻ പോകുന്നത് മുമ്പ് കണ്ട രേതത്തെ തന്നെ എടുക്കാൻ പോകുന്നു നുമ്പി അത് ഇതം എന്ന് പറയുന്നതിനോട് പ്രാധാന്യം ഇതന്തയാ പ്രവൃത്തിയാണ് അതായത് ഇത് വേണം എന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പൊ അവിടെ എന്തു വരുന്നു വ്യവഹാര വിഷയത്വ സതി ജ്ഞാന ആ എവിടെ വരുന്നു സംസർഗത്തിൽ വരുന്നു അത് അതുകൊണ്ടുതന്നെ രണ്ട് രണ്ടാക്കിയത് ജ്ഞാന വിഷയത്വേ സതി എന്താണ് ഞാനാവിഷയത്വം എന്നല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പരസ്പര വിരുദ്ധമോ ജ്ഞാന വിഷയത്വവും വരിക ഞാൻ ആവിഷയത്വം വരിക ഒന്നിൽ അതിന് വിരോധം വരും ജ്ഞാനം വേറെ വ്യവഹാരം വേറെ വ്യവഹാര വിഷയത്വം വരുന്നു ഞാനാവിഷയത്വം വരുന്നു വ്യവഹാരം എന്ന് പറയുമ്പോഴത്തേക്കിത് പ്രവൃത്തി പറഞ്ഞുണ്ട് ഞാനത്ത് എന്താ ജ്ഞാനത്തെയും വ്യവഹാരവും എടുക്കാം പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്തൊരും ഞാന ഔഷയത്വം സംസർഗത്തിൽ ഞാന ഔഷയത്വം വരും വ്യവഹാരം എന്നുള്ളതുകൊണ്ട് പ്രവൃത്തി നിന്നെടുത്ത വിഷയത്വം വരും രണ്ടാണ് ആ ആദ്യ ജ്ഞാനം വരുന്നു ശബ്ദപ്രയോഗം വരുന്നു പ്രവൃത്തി വരുന്നു ജ്ഞാനം വേണം കാരണം ബ്രഹ്മം പ്രഭാകരൻ ബ്രഹ്മം എന്ന് പറയത്തില്ല ബ്രഹ്മം ഉണ്ടാകാതെ ആരെങ്കിലും അവിടെ പോയി അതെടുക്കാൻ പോകും ബ്രഹ്മം എന്തായാലും വേണം പക്ഷേ ബ്രഹ്മസ്ഥലത്തും ജ്ഞാനം എന്ന് പറയുന്ന സ്ഥലത്തും പ്രവൃത്തി സ്ഥലത്തും കാര്യങ്ങൾ രണ്ടു തരത്തിലാണോ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത് അതാണ് അനുഭവം ഇതം പ്രേതമെന്ന് തന്നെ ഞാനും ഇതം പ്രേതം എന്ന് തന്നെയാണ് ഞാനും ഞാനും താതാത്മ്യമായിട്ടാണ് ഞാനും ഏ സംസർഗം എന്തും തന്നെ ചോദിക്കുന്നു വെറുതെ സംസർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ സംസർഗം വേണോന്ന് ഇതുപോലെ വാശി നിർബന്ധം വല്ലതാണോ സംസർഗം ഏത് അത് രണ്ടെണ്ണമാണോ സംസർഗം ഇനി ഏതെങ്കിലും തരത്തിലുള്ള സംസർഗത്തെ സ്വീകരിച്ചാൽ സത്യമാവും ഇതെന്താ ചെയ്താൽ സത്യമാവും വെച്ചാൽ സത്യസ്ഥലോ ഇതുമായിട്ട് വ്യത്യാസം വരത്തില്ല സത്യസ്ഥലോ ഇതുമായിട്ട് വ്യത്യാസം വരത്തില്ല ഭ്രമം സ്വീകരിക്കുന്നില്ലല്ലോ ഭ്രമം സ്വീകരിച്ചാ പിന്നെ ഇത്രയും ചർച്ചയുടെ ആവശ്യമുണ്ട് ഇവിടെ ഭ്രമമേ ഇല്ല പക്ഷേ വ്യത്യാസം സത്യസ്ഥലത്തു നിന്നതിനുള്ള വ്യത്യാസം എന്താണോ അത് മാത്രമല്ല പ്രധാന വ്യത്യാസം സത്യം സ്ഥലത്ത് ചെയ്ത രചിതവും ആ ഇവിടെ എന്താണോ സ്മൃതിയും പ്രത്യക്ഷവും ഇപ്പൊ സംസ്കൃതത്തിൽ ഒരു കാരണവശാലും സ്വീകരിക്കും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതം രചതം എന്ന് പറയുന്ന എന്താണ് താതാത്മ്യ സംബന്ധം വരണം ഇത് തന്നെ രചതം അങ്ങനെ വന്നുകഴിഞ്ഞാൽ സത്യം രണ്ടും ഇത് പ്രത്യക്ഷമാണ് രഹിതവും പ്രത്യക്ഷമാണ് എന്നുവെച്ചാ രജതത്വേന രജതത്തെ അറിയുന്നു എന്ന് വരും അപ്പൊ അസത്യമായി സംസർഗം ഉണ്ടെങ്കിൽ സംസർഗം ഗ്രഹണമെന്നോ ആഗ്രഹമെന്നോ പറയാം സംസർഗം ഇല്ലെങ്കിൽ എന്തു പറയും ശുക്തിയും കാണുന്ന വസ്തുവിനെയും ഗ്രഹിക്കുന്നു പഴയ രജത്തേ രണ്ടിനെയും ഗ്രഹിക്കുന്നു മരിച്ചുപോയോന്നും ആ സ്മൃതിക്ക് വിഷയമില്ലേ അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അപ്പൂപ്പൻ അപ്പൂപ്പൻ ജീവിച്ചിരുന്നോ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ മരിച്ചോ ഇപ്പൊ സ്മരിക്കുന്നുണ്ടോ അപ്പൊ വിഷയം ഉണ്ടോ സ്മരണക്ക് അതുപോലെ ഉള്ളു ഇവിടെ ഏർ ഉം അതല്ലേ ഗുരു പറഞ്ഞു തരുന്നു ഇത് എന്നതാണ് സംഭവിക്കുന്നത് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ പറഞ്ഞുകൊടുക്കുന്നു അറിവില്ലാത്തവരവർ ഇതെന്തോ ഭ്രമമാണെന്ന് പറയും ഗുരു പറയുന്നത് ഭ്രമല്ല ഇതൊരു സ്മൃതിയും പ്രത്യക്ഷവുമാണ് അറിയാത്തവർക്ക് വേണ്ടിയാ പറയുന്നു അത് പറയാൻ പറ്റില്ല സംസർഗം ജ്ഞാനം വേറെ വ്യവഹാരം വേറെ രണ്ടും രണ്ടാണോ വ്യവഹാരത്തിന് ജ്ഞാനവും ഹേതുവാണോ അറിഞ്ഞിട്ടല്ലേ വ്യവഹരിക്കാൻ പറ്റും അത് സമ്മതിക്കുന്നുണ്ട് ഇവിടുത്തെ എന്ന് പറയുന്നത് വിഷയത്വത്തെ സംബന്ധിച്ചാണ് ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് വ്യവഹാരത്തിന്റെ വിഷയം എന്താണ് അതാണ് ചർച്ച അല്ല വ്യവഹാരത്തിന് ജ്ഞാനം വേണ്ട എന്ന് പറയുന്നില്ല ഇപ്പം ഇതൊരു ഇതൊന്നും ജ്ഞാനം ഉണ്ടാകാതെ ആരെങ്കിലും ഇവിടെ കുനിയോ അത് നിഷേധിക്കാൻ പറ്റിയില്ലല്ലോ മൂന്നാമതൊരു സംഭവം അവിടെ ഉണ്ട് എന്താണ് ജ്ഞാനത്തിൻ്റെ വിഷയം എന്ത് വ്യവഹാരത്തിന്റെ വിഷയം എന്ത് സാറ് നമ്മള് പറയാറില്ലേ അറിഞ്ഞതുപോലല്ല പ്രവർത്തിക്കുന്ന ആ അതുപോലെയൊക്കെ തന്നെ ഇത് അറിഞ്ഞത് മൊത്തം അറിഞ്ഞിട്ടായിരിക്കില്ല പ്രവർത്തിക്കുന്നത് അറിയാത്ത പ്രവർത്തിക്കാൻ ധരിക്കും അറിവും പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രവർത്തിക്കുന്നിടത്ത് അത് കാണത്തില്ലെന്നാ പറയുന്നു പ്രവൃത്തി ഒരു വഴിക്ക് അറിവ് വേറൊരു വഴിക്ക് ചിന്തിച്ചു നോക്കി എന്തെങ്കിലും ഗുരുവിനെ പൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എനിക്കിവിടെ പറഞ്ഞു നിന്നാൽ കൊള്ളാം അസംസർഗ അഗ്രഹം അസംസർഗത്തെ അതായത് ബ്രഹ്മസ്ഥലത്ത് അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല എന്നുവെച്ചാൽ യഥാർത്ഥ സ്ഥലത്ത് യഥാർത്ഥ സ്ഥലത്ത് സംസർഗമുണ്ട് അതുകൊണ്ട് അസംസർഗത്തെ ഗ്രഹിക്കുന്നില്ല രണ്ടിനും സമാനത വരണ്ടേ ഭ്രാന്തി സ്ഥലത്ത് അസംസർഗമാണ് പക്ഷെ അയാളത് ഗ്രഹിക്കുന്നില്ല അസംസ്കത്തെ അസംസർഗത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തുവരും ഇത് വേറെ ഇത് വേറെ എന്ന് പറയും കഴിഞ്ഞ ദിവസ ക്ലാസ് കേട്ടോ ആ അത് കേട്ടാലും മനസിലാവും അത് വ്യാഖ്യാനിക്കുന്ന വേറെ കാര്യം ഇതിന്ന് എന്താണ് മനസ്സിലാക്കി ഉള്ളത് അതിപ്പോ അവിടെ എന്ത് സമാസം എന്ത് അങ്ങനെയൊക്കെ പോയാൽ പലതരത്തിലും വ്യാഖ്യാനിക്കാണ് നമ്മളിത് മനസ്സിലാക്കേണ്ട എന്താണ് രണ്ട് സ്ഥലത്തും ഉള്ളത് സമാനത എന്താണ് രണ്ടടത്തും ഉണ്ട് അസംസർഗം അഗ്രഹത എങ്ങനെ വരുന്നു എന്നുള്ളതാണ് സത്യസ്ഥലത്ത് അസംസർഗം ഇല്ല അതുകൊണ്ട് ഗ്രഹിക്കുന്നില്ല ബ്രഹ്മസ്ഥലത്ത് ഉണ്ട് പക്ഷെ അതിനെ ഗ്രഹിക്കുന്നില്ല ആ വ്യത്യാസം ഇതുതന്നെ പീതശങ്ക എന്ന് പറയുന്നിടത്തും ഇങ്ങനെയാണ് പക്ഷെ അവിടെ രണ്ടും പ്രത്യക്ഷമാണ് അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു പീതവർണത്തെ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്നു ശങ്കിനെയും ഗ്രഹിക്കുന്നു പീതവർണ്ണത്തിലെ പിത്തത്തെ ഗ്രഹിക്കുന്നില്ല ശങ്കിലെ ശ്വേതവർണത്തെയും ഗ്രഹിക്കുന്നില്ല ഈ വ്യത്യാസം അപ്പോ ഇവിടെ പീതശങ്ക ഇപ്പൊ സാധാരണ താർക്കിയും പറയുന്നതനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖ് ദ്രവ്യമാണ് പീതം വർണ്ണമാണ് രണ്ടും തമ്മിൽ വേണ്ട സംബന്ധം സമവായ സംബന്ധമാണ് അല്ലേ ഇവിടെ ആ സമവായ ഉണ്ടോ അപ്പോ അസംസർഗം പക്ഷെ അതിനെ ഇത് വേറെയാണ് ഇത് വേറെയാണ് അങ്ങനെ അസംസർഗാഗ്രഹം വന്നു ഏതുപോലെ സത്യസ്ഥലത്തെ പോലെ സത്യസ്ഥലത്ത് എന്താണ് പീതം വില്ലു ഫലം പീതം തപനീയപിണ്ടം തപനിയെന്ന് വെച്ചാൽ സ്വർണം പീതം എന്ന് പറയുന്നിടത്ത് അവിടെ പീതവർണം ഗുണം വില്ലുഫലം ദ്രവ്യം പീതം തപനീയപിണ്ടീതം വർണം ഗുണം തപനീയ പിണ്ടം ദ്രവ്യം ഇത് രണ്ടും തമ്മിലവിടെ സംസർഗം ഉണ്ടോ അപ്പോ ഉണ്ടല്ലോ അവിടെ അസംസർഗത്തെ ഗ്രഹിക്കുന്നുണ്ടോ അസംസർഗ്രഹം അപ്പോ യഥാർത്ഥ സ്ഥലത്ത് എങ്ങനെയാണോ അസംസർഗ അഗ്രഹമുള്ളത് അതിന് സദൃശമായി ബ്രഹ്മസ്ഥലത്തും അസംസർഗ അഗ്രഹം അതുകൊണ്ടുകൂടെ എന്ത് വരുന്നു ബ്രഹ്മസ്ഥലത്തും സാമാനാധികരണ്യ വിപദേശം അഭേദ വ്യവഹാരം എല്ലാം വരുന്നു ഇനി ഇവിടെ നോക്കുക ജ്ഞാനവിഷയത്വം ശങ്കിനെ അറിയുന്നുണ്ടോ ശങ്കു പറയുന്നത് പീതത്തെ അറിയുന്നുണ്ടോ രണ്ടും പ്രത്യക്ഷം വേണ്ടി രണ്ടും അറിയുന്നു ഇത് രണ്ടും നമ്മൾ എന്തെങ്കിലും സംസർഗം ഉണ്ടോ അപ്പൊ സംസർഗത്തെ ഗ്രഹിക്കാൻ പറ്റും ഇല്ല അപ്പൊ ജ്ഞാനത്തിന് വിഷയമാകൂ സംസർഗം ഇല്ല എന്നാൽ ആയി ഒരു പീതശംഖ് എന്നും പറഞ്ഞ് പോയി എടുക്കുന്നില്ലേ അല്ലേ അപ്പോൾ ശംഖനെ പീതത്വേനെ ഗ്രഹിച്ചു അപ്പം വസ്തുവിനെ തന്നെ പീതമെന്നറിഞ്ഞിട്ട് കേടുകയാണ് അപ്പം വ്യവഹാരത്തിന് വിഷയം എന്തായി വെറും പീതം എന്ന് പറഞ്ഞ പോലെ പീതവും സംഘവും അപ്പോൾ ആ സംബന്ധം വ്യവഹാരത്തിന് വിഷയമായതുകൊണ്ടാണ് മുമ്പിൽ കുനിഞ്ഞെടുക്കുന്നത് ആ സംബന്ധം വിഷയമായില്ലെങ്കിൽ പീതസംഘം സംഘനന്വേഷിച്ച് കടലിൽ പോയൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയൻ മുമ്പിൽ കുനിഞ്ഞെടുക്കുന്നു വെച്ചാൽ ഇത് രണ്ടും തമ്മിലുള്ള സംസർഗം വിഷയമായതുകൊണ്ടാണ് മുമ്പിൽ കുനിഞ്ഞെടുക്കുന്നത് അല്ല അങ്ങനെ ഒരു സംസർഗം വിഷയമായല്ലെങ്കിൽ മുമ്പോട്ടെങ്ങനെ കുഞ്ഞിയും സംഘന എങ്ങനെ എങ്ങനെ എടുക്കും കൈകൊണ്ട് പ്രവൃത്തിക്ക് വിഷയമാകുന്നുണ്ട് സംസർഗം വിഷയമാകുന്നു എന്നു പറഞ്ഞാൽ അതാണ് പ്രവൃത്തിക്ക് വിഷയമാകുന്ന വെച്ചാൽ അവിടെ പ്രവൃത്തി നടക്കുന്നു എന്നാണ് അതിന് വ്യത്യാസം നമുക്ക് സംശയം തോന്നുന്നു അതാണ് ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അറിയുന്നു എന്നാണ് ഈ പ്രവൃത്തിക്ക് വിഷയമാകുന്നു എന്നു പറഞ്ഞാൽ നമ്മൾ ധരിക്കും അതിനറിയുന്നു അറിയുകയല്ല അതിൽ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലായോ രണ്ടും നമ്മളുടെ വ്യത്യാസം ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അതിനെ നമ്മൾ അറിയുന്നു അപ്പോൾ പ്രവൃത്തിക്ക് വിഷയമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയണമെന്നില്ല പ്രവർത്തിച്ചാൽ മതി അപ്പോൾ അവിടെ പ്രവൃത്തി ഉണ്ടോ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാത്ത വിഷയമായി അത് അറിയണമെന്നില്ല അറിഞ്ഞിട്ട് പ്രവർത്തിക്കണമെന്നില്ല അതിൽ അറിഞ്ഞതെന്താണ് സമാനാധികാരണ്യമാണ് അത് മതി പ്രവർത്തിക്കാം മുമ്പിലോട്ട് പ്രവർത്തിക്കാൻ പക്ഷെ പ്രവൃത്തിക്ക് വിഷയമാകുന്നത് അതുകൊണ്ട് അത് അറിയണം മുമ്പേ എന്നില്ല കാരണം പ്രവർത്തിക്ക് വിഷയമാകുമെന്ന് വെച്ചാൽ അതിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ അല്ല അറിയുന്നു എന്നവിടെ അർത്ഥമല്ല അപ്പോൾ മുമ്പിലാണോ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെ എന്തു ചെയ്തു സംസർഗം വിഷയമായി ഇല്ലെങ്കിൽ മുമ്പിൽ പ്രവർത്തിക്കില്ല മടിയിൽ തപ്പി നോക്കിയാണ് ഇവിടെ ആ പീതശങ്കം അതല്ലേ ചെയ്യുന്നു അപ്പോൾ ആ വ്യത്യാസമാണ് പ്രവൃത്തിക്ക് വിഷയമാകുന്നു വെച്ചാൽ അറിവിന് വിഷയമാകുകയല്ല അതിൽ പ്രവർത്തിക്കുക അതാണ് പ്രവർത്തിക്കു വിഷയം കുലാല ഘടഭിഷേക പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് കുലാലൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അതാണ് പ്രവൃത്തിയുടെ അർത്ഥം അറിയില്ല അത് വേറെ കാര്യം അതറിയുന്നിടത്താണ് അത് പറയുന്നത് അന്നിവിടുത്തെ വ്യത്യാസം അപ്പം അവിടെയും അസംസൃത ആഗ്രഹ സാദൃശ്യം അവിടെയും അഭേദ വ്യവഹാരവും സാമാനാദരണ സംഭവിക്കുന്നു ഇത് ഭ്രമം അല്ല എന്നുള്ളതിന് തെളിവാണ് നേതം രജതം നായം പീതഹ എന്നെല്ലാം വ്യവഹരിക്കുന്നു അപ്പം അതിനെ വേർതിരിച്ചറിയുന്നു അങ്ങനെ ഇത് വേറെയാണ് രജതം വേറെയാണ് ഇത് വേറെയാണ് പീതം വേറെയാണ് പീതോ എന്ന് പറയുന്ന വലു ഇതല്ല ഇതെന്താണ് ശങ്കാണ് അങ്ങനെ വേർതിരിച്ചറിയും അപ്പം അവിടെ യഥാർത്ഥം ഞാനും ഇതിൽ ഏത് സന്ദർഭത്തിലാ ഭ്രമം വരുന്നത് അത് ശരി ഇന്നലെ നമ്മളുടെ താരങ്ങിലും വന്നൊരു എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു ഇന്നാണ് നമ്മൾ അറിയുന്നത് കള്ളമാണെന്ന് അപ്പം ഇന്നലെ കള്ളമാകത്തില്ല ഇന്ന് മാത്രം കള്ളമാകൂ അങ്ങനെയുണ്ടോ അപ്പം നമ്മൾ പറയണം ഇന്നലെ സത്യം ഇന്ന് കള്ളം അങ്ങനെയാണോ പറയുന്നത് അതാണ് ആ സമയത്ത് ഞാൻ അറിഞ്ഞില്ലാതുകൊണ്ട് ഇന്നലെ സത്യം ഇന്ന് കള്ളം എന്നാണോ പറയുന്നത് അസത്യത്തെയാണെങ്കിലും സത്യത്തെയാണെങ്കിലും നമുക്ക് സമയത്ത് അറിയണമെന്ന് നിയമം ഇല്ല എപ്പോഴെങ്കിലും അറിഞ്ഞാൽ മതി പറയുന്നു എന്നെ അയാൾ ഒന്ന് ഫോളാക്കിയിട്ട് പോയല്ലോ എന്ന് അല്ല പിന്നീടും അറിയുന്നില്ലോ കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് അത് ഇന്നൊന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞൊക്കെ അബദ്ധമായിരുന്നു തെറ്റായിരുന്നു അപ്പൊ നമ്മൾ പറയണം അത് ശരിയാന്നത്തേക്കേ ഉള്ളൂ ഇന്നലെ അത് സത്യം തന്നെയാണ് എന്നു പറഞ്ഞ ഒന്ന് തന്നെ സത്യവും അസത്യവും ഇനി അറിയുന്ന സമയത്തും അത് ഭ്രമമല്ല ഭ്രമമാണെന്ന് മറ്റുള്ളവർ പറയുന്നതെന്ന് തന്നെയുള്ളൂ പ്രഭാരം പറയുന്നുണ്ടോ അറിയുന്ന സമയത്ത് അതൊക്കെ ഭ്രമമായിരുന്നു ഇപ്പം സത്യമാണെന്ന് പ്രഭാരം പറയുന്നുണ്ടോ ഗുരുവങ്ങനെ പറയുന്നില്ലല്ലോ അസത്യവും സത്യവും പോലെ അല്ല ഒരിക്കലും ഇത് അസത്യമല്ല അറിയുന്നു ആ അറിവിനെ പരിശോധിക്കാണ് സത്യമാണോ അസത്യമാണോ പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നു ഇത് അസത്യമല്ല അതിനർത്ഥം അസത്യമല്ല എന്നറിയുന്നതിന് അസത്യമായിരുന്നോ സത്യമല്ല എന്നറിയുന്നതിന് അസത്യമായിരുന്നോ അങ്ങനെയൊക്കെ വരുമോ അങ്ങനെയല്ലല്ലോ വ്യവഹാരം അത് കണ്ടിട്ടാണ് ഗ്രഹിക്കുന്നത് ഏഹ് ഗ്രഹിക്കുന്നത് ഗ്രഹിക്കേണ്ടത് ഒരു വസ്തുവിന്റെ നിറത്ത് ഗ്രഹിക്കാതെ മനസ്സിന് ദോഷം ഉള്ളതുകൊണ്ട് കിട്ടദോഷം അല്ലെ ശ്വേതർണ്ണമില്ലെങ്കിൽ അവിടെ ഗ്രഹിക്കാൻ പറ്റില്ലല്ലോ ഏഹ് വർണ്ണത്തിൽ അതിനല്ലേ മറ്റേ വർണ്ണം വന്നു അതിന്റെ സഹായത്തോടെ ഗ്രഹിച്ചു അത് വരും ഇപ്പൊ നമ്മൾ ഇതം കിഞ്ചിത് എല്ലാവരും എന്നുള്ള ജ്ഞാനം എല്ലാവരും അംഗീകരിക്കുന്നില്ല ഒരു വസ്തുവിനെ കാണുമ്പം എന്താണോ നിഷ്പ്രകാരക ഞാനം തർക്കത്തിൽ പഠിച്ചല്ലേ ഉണ്ടാകാറുള്ള ഒരാൾക്ക് ഒരു വസ്തുവിനെ ഇത് എന്നുള്ള ഞാനുണ്ടാകാം അതിന് നാമജാതി ഗുണങ്ങളൊന്നും വേണ്ട ഡിത്തോയം ബ്രാഹ്മണോയം ശ്യാമോയം അവിടെയൊക്കെയാണ് നാമജാതി ഗുണം ക്രിയ എല്ലാം വരുന്നു അങ്ങനെ തന്നെ ഞാനുണ്ടാവണമെന്നില്ല ഏതൊരു വസ്തുവിനെ ഇതന്ത ഇത് എന്ന് ഗ്രഹിക്കാം അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഏ അത് ശങ്കിനെയാണ് അങ്ങനെ ഗ്രഹിച്ചത് ശങ്ക അത് ശബ്ദത്തിലുള്ള വ്യത്യാസം തന്നെയുള്ളു ഇതെന്ന് പറയുന്നു അല്ലെങ്കിൽ ശംഖെന്ന് പറയുന്നു രണ്ടും സംഗതി ഒന്ന് തന്നെ അവിടെ അങ്ങനെ ഗ്രഹിക്കാൻ കാരണമെന്ന് വെച്ചാൽ ഇതിന് കാരണം ഇതിന് കാരണമുണ്ട് അങ്ങനെ വരുന്നതിന് ചിത്തദോഷം ചിത്തത്തിനെന്താ ദോഷം പിത്തം പിടിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ശംഖിന്റെ ആകൃതിയൊക്കെ ഉള്ളത് കൊണ്ട് അതിനെ ശങ്കം നിഗ്രഹിച്ചു എന്ത് ചെയ്തു അതിലെ വർണ്ണത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഏ നയനത്തിലെവിടുന്നാ ദോഷം വന്നത് ിത്തോ ആ പിന്നെ ശരീരത്തിൽ അതായത് മുമ്പിലിരിക്കുന്ന വസ്തുവിനെ നോക്കുമ്പോ അന്ധക്കരണവൃത്തി ചക്ഷുന്ദ്രിയൂടെ പുറമേ വ്യാപിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ആ അന്ധക്കരണവൃത്തിയിൽ എന്ത് ചെയ്തിരിക്കുന്നു പിത്തം അതിനെ ആശ്രയിച്ചിരിക്കുന്നു പിത്തദ്രവ്യം അത് പുറത്തു വന്നുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് സാധാരണ പ്രത്യക്ഷം പോലെ സംഗീതം എല്ലാവരും സ്വീകരിക്കുന്നു അദ്ദേഹം മുമ്പിൽ ഇത് നോക്കിയപ്പോൾ സാധനം പുറത്തു വന്നു അപ്പോ പിത്തദ്രവ്യത്തിൽ പിത്ത പീത വർണ്ണവും കൂടെ വന്നു കൊണ്ടാണ് ചിത്തദോഷവും പറയുന്നു എന്താ താർക്കീയര് പ്രഭാകരനെ കണ്ണിക്കാൻ വേണ്ടി പറയുന്നേ പ്രഭാവര് സ്വീകരിക്കുന്നുണ്ട് ഭാകരൻ സ്വീകരിക്കുന്നുണ്ട് മീമാംസകരും അദ്വൈതികളും സംഖ്യന്മാരും ഒക്കെ സ്വീകരിക്കുന്നുണ്ട് മീമാംസര അദ്വൈതീകള് സംഖ്യന്മാർ എന്നാ സ്വീകരിക്കുന്നു അവർക്കല്ല സമ്മതം നിങ്ങൾക്ക് മാത്രം സമ്മതമല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് സമ്മതമായി പറ്റും ഇതെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ഓരോ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം ഇല്ലെങ്കിൽ ഇത് കാട് കയറിപ്പോ ഒരിടത്തും എത്തത്തില്ല നമ്മൾ സാറിന് അങ്ങോട്ടെങ്കിലും തർക്കിക്കും പോലെ ആയി അസാരം എവിടെ എത്തിയെന്ന് നമുക്ക് എന്നെ മനസ്സിലാകാം ഇത് സാഖ്യൻ യോഗി അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മീമാസകൻ അദ്വൈതി അവരവരുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അതാണ് അതിന്റെ മാനദണ്ഡം നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സിദ്ധാന്തത്തെ സ്വീകരിക്കാതെ കേവല യുക്തി കൊണ്ടാണ് ചർച്ച ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് അവരവർക്ക് വായിപ്പോ എന്തും വിളിച്ച് പറയാമെന്ന് അവസാന അടിയിലെ അവസാനിക്കട്ടെ ഇതങ്ങനെയല്ല അതാത് സിദ്ധാന്തങ്ങൾ എന്നാണ് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് ഇത് എങ്ങനെ ശരിയാകും അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് ഗുരു ജയിച്ചത് ഇഷ്ടപ്പെട്ടില്ലാതെ ഗുരു ജയിച്ച് ഇപ്പൊ ഈ പറഞ്ഞിടത്ത് വെച്ച് വ്യവഹാര വിഷയത്തും അപ്പൊ ഇതിനെ ഇതിനെ കണ്ണിക്കുന്നാണ് പ്രധാനമായിട്ട് വിശിഷ്ടാദ്വൈതി വ്യാസരാജൻ അദ്ദേഹത്തിന്റെ ന്യായാമൃതം എന്ന് പറയുന്ന ആണ് നേരിട്ട് ഖണ്ഡിക്കുന്നത് എന്ന് വിചാരിച്ചവിടെ തീരുന്നില്ല എന്നുപറഞ്ഞാൽ ഈ പൂർവക്ഷങ്ങളെയല്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു സിദ്ധാന്തത്തിലെത്തും ആ സിദ്ധാന്തം അതിനെ ഖണ്ഡിക്കുന്നതാണ് അദ്വൈത സിദ്ധി അദ്വൈസിദ്ധി വരുമ്പോഴത്തേക്ക് ഇതിന്റെ തുടർച്ച അവിടെയാണ് പഠിക്കുന്നു നിനക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്വയംപ്രകാശ ലക്ഷണം ഇത് കഴിഞ്ഞിട്ട് നേരെ അദ്വൈസിദ്ധിയിലേക്ക് കടങ്ങി അദ്വൈസിദ്ധിയുടെ രണ്ടാം ഭാഗത്തിൽ സ്വയംപ്രകാശ ലക്ഷണം ചർച്ച ചെയ്യുന്നു അവിടെ പോകാം ബാക്കി എങ്ങനെയാണ് അവിടെ ഈ വിഷയം ഇവിടെ നിർത്തും നടത്തുന്ന അവിടെ വീണ്ടും തുടങ്ങും കാരണം ഇദ്ദേഹം ശിസുഖാചാര്യന്യതെഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിശിഷ്ടാദ്വൈതികളെ ഇതിനെ ഖണ്ഡിച്ചു അവർക്ക് ഖണ്ഡിച്ചല്ലേ പറ്റൂ അദ്വൈതത്തെ അവർക്ക് അംഗീകരിക്കാൻ നിഷേധിച്ചത് ശരിയല്ല പിന്നെ കുറച്ചുകാലം കഴിഞ്ഞ് മോസോനെ വന്നിട്ട് അതിനെ നിഷേധിച്ചിട്ട് സമർത്ഥിച്ചു അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആ പോരായ്മകളെ ചൂണ്ടിയായിരിക്കും ആര് സംസാരിക്കുന്നത് വ്യാസരാജൻ അതിനകൂടെ പരിഹരിച്ചിട്ടായിരിക്കും അന്വേഷിച്ചു അപ്പോ ഇത് കഴിഞ്ഞിട്ട് തയ്യാറായിപ്പോ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം ഇതിന്റെ ബാക്കി അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പുസ്തകെല്ലാം റെഡിയാക്കി വെച്ചാൽ മതി നേരെ അവിടെയും വരുന്നെന്താണ് സ്വയംപ്രകാശ ലക്ഷണം പ്രമാണം എല്ലാം അപ്പോ അത് പൂർണമാവും പൂർണമാകുന്നില്ല പിന്നെയും പിന്നെയും അവരടങ്ങിയിരിക്കത്തില്ല അവര് ന്യായമ സൗഗന്ധ്യം അതിൻ്റെ ഈ ഭാഗം ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ആദ്യ ഭാഗമേയുള്ളൂ മിഥ്യാത്വ ലക്ഷണമേ ഇപ്പം കിട്ടുന്നുള്ളൂ ബാക്കി കാണുവായിരിക്കും അന്വേഷിച്ചു ന്യായാമൃത സൗകന്ധ്യം സൗകന്ധ്യ വിമർശം ലോകചന്ദ്രിക ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിച്ച് കണ്ണിച്ചുള്ള പുസ്തകങ്ങളാണ് അതിൽ ഇപ്പം കിട്ടുന്നത് കുറച്ച് ഭാഗം മിഥ്യാത്വ ലക്ഷണം തന്നെ അതിൻ്റെ മുഴുവനല്ല അപ്പോൾ ആ ഭാഗത്തിൽ നോക്കി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും പിന്നീട് ഹിന്ദിയിൽ വ്യാഖ്യാനമുണ്ട് യോഗീന്ദ്രാനന്ദ വ്യാഖ്യാനമുണ്ട് ന്യായാമൃത അദ്വൈത സിദ്ധി എന്ന് പറഞ്ഞ ഒറ്റ പുസ്തകമായിട്ട് രണ്ടും കൂടെ ചേർത്ത് അതിന് അദ്ദേഹം വ്യാഖ്യാൻ വേണ്ടിയിട്ടുണ്ട് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് പുസ്തകമൊക്കെ സംഘടിപ്പിച്ച് നോക്കി അപ്പോൾ ബാക്കി എങ്ങനെയാണ് ഇതിന്റെ തരച്ച പോകുന്നത് ഇത് മനസ്സിലായെങ്കിൽ കഴിഞ്ഞു